എങ്കിൽ അവൻ നിങ്ങളുടെ പാപങ്ങളിൽ ചിലത് പുറത്തു കൊടുക്കുകയും നിശ്ചിത കാലാവധി വരെ നിങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്യും അള്ളാഹു സുബഹാനഹൂവത്ത് ആയ നിശ്ചയിച്ച കാലാവധി വന്നാൽ അതൊരിക്കലും നീട്ടിവെക്കപ്പെടുകയില്ല നിങ്ങൾക്കറിയാമായിരുന്നെങ്കിൽ